അവർ പറയും ഈ കന്നുകാലികളുടെ വയറ്റിലുള്ളത് ഞങ്ങളുടെ പുരുഷന്മാർക്ക് മാത്രമുള്ളതാണ് ഞങ്ങളുടെ ഭാര്യമാർക്ക് അത് നിഷിദ്ധമാണ് എന്നാൽ അത് ചത്ത മൃഗമാണെങ്കിൽ അതിലെല്ലാവർക്കും പങ്കുണ്ട് അവരുടെ ഈ വിവരണത്തിന് അവൻ അവർക്ക് പ്രതിഫലം നൽകും തീർച്ചയായും അവൻ യുക്തിമാനും സർവജ്ഞനുമാണ്